തത്വപക്ഷപാതോഹി സ്വഭാവോധ്യാം ധ്യാം സ്വഭാവം ബുദ്ധിയുടെ സ്വഭാവം എന്ന് പറയുന്നത് തത്വപക്ഷപാതമാണ് തത്വത്തെ ഗ്രഹിക്കുന്നതാണ് ബുദ്ധി അല്ലാതെ ബുദ്ധി ഭ്രാന്തിയുടെ പുറകെ പോകുന്നതാണ് യഥാർത്ഥ ബാഹ്യം ബാഹ്യന്മാരെന്ന് വെച്ചാൽ ബൗദ്ധന്മാരും ഇവിടെ ധർമ്മകീർത്തി ർത്തികത്തിൽ പറഞ്ഞിരിക്കുന്നു നിർപദ്രവഭൂതാർത്ഥസ്വഭാവശ്യ വിപരീ നമത്വ ബുദ്ധേ തത്പക്ഷം നിരുപദ്രവ സ്വഭാവസ് നിരുപദ്രവ ഭൂതാർത്ഥ സ്വഭാവസ് ഇത് ബുദ്ധിയെക്കുറിച്ച് പറയണം ബുദ്ധി എന്ന് പറയുന്നത് നിരുപദ്രവമായ ബാധിക്കപ്പെടാത്തതായ ഭൂതാർത്ഥ സ്വഭാവത്തോടു കൂടിയതാണ് പരമാർത്ഥ സ്വഭാവത്തോടു കൂടിയതാണ് അതാണ് ബുദ്ധിയുടെ ാധിക്കപ്പെടാത്ത യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രജ്ജു രജ്ജുവിനെ രജ്ജുവായിട്ടറിയുന്നു രജ്ജുവിനെ രജ്ജുവായിട്ട് അറിയുന്ന എന്താണ് യഥാർത്ഥ ജ്ഞാനമാണ് അതിനൊരിക്കലും ബാധയുണ്ടാകുന്നത് എന്ത് ചെയത് പരമാർത്ഥമാണ് എന്റെ സ്വഭാവം പരമാർത്ഥ സ്വഭാവത്തോടുകൂടിയാണ് പരമാർത്ഥ സ്വഭാവം എന്ന് വെച്ചാൽ പരമാർത്ഥത്തിന്റെ ജ്ഞാനമാണ് അതിന് ബാധി സംഭവിക്കുന്നില്ല അതാണ് അടുത്ത വിശ്വ വിപരീ എന്ന ബാധ അതിന് വിപരീയം കൊണ്ട് ഭ്രാന്തി കൊണ്ട് അതിന് ബാധ സംഭവിക്കുന്നത് രജ്ജുവിനെ രജ്ജു എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ രജ്ജുവിന്റെ പരമാർത്ഥ ഞാനാണ് അതിന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭ്രമം കൊണ്ടാ ജ്ഞാനത്തിന് ബാധയുണ്ടാകത്തില്ല പിന്നെ എവിടെയാണ് രജുവിന് സർപ്പജ്ഞാനം ഉണ്ടാകുന്നത് രജ്ജുവിനെ അറിയാതിരിക്കുമ്പോഴാണ് രജ്ജുവിനെ യഥാർത്ഥമായി അറിയാതിരിക്കുമ്പോൾ ഭ്രഹ്മുണ്ടാവും ആ ഭ്രമത്തിന് ബാധയുണ്ടാവുക അതിന് ഉപദ്രവം സംഭവിക്കുക അന്നത്തെ ബാധ സംഭവിക്കും രണ്ടിന്റെ വ്യത്യാസം പറയണം ഒരു വസ്തുവിനെ യഥാർത്ഥമായി അറിഞ്ഞുകഴിഞ്ഞാൽ അതിന് ആ യഥാർത്ഥ ബാധ സംഭവിക്കുന്നു നിന്ന വസ്തുവിനെ വസ്തുവായി തന്നെ അറിയണം മറിച്ചാണെങ്കിൽ ബാധ സംഭവിക്കണം ഇത് ബൗദ്ധന്മാരോട് അംഗീകരിക്കുന്നു എന്ത് അവര് പറയുന്നത് ശൂന്യം എന്നുള്ള ഭാവന സർവം ശൂന്യം എന്നുള്ള ഈ ഭാവനയിലൂടെ എല്ലാ തരത്തിലുള്ള ഭ്രാന്തിയും മാറും ആണവര് പറയുന്നത് ആ ഭ്രാന്തി മാത്രമല്ല മാറുന്നത് ഭാവനയിലൂടെ ഇതെല്ലാം ക്ഷണികമാണെന്ന് ഭാവന ചെയ്യുമ്പോൾ ഇത് അനാരിയാണ് അനന്തമാണ് എന്നൊക്കെയുള്ള ഭ്രാന്തി മാറും ക്ഷണികമൊന്ന് ഭാവന പിന്നെ വിജ്ഞാനം വിശുദ്ധമായ വിജ്ഞാനം എന്ന് പറയുന്നത് അതിനു വേറെ വിശേഷണങ്ങളൊന്നുമില്ല കേവലമാ വിശുദ്ധ വിജ്ഞാനം എന്നവര് പറയും ഇപ്പൊ വിശുദ്ധ വിജ്ഞാനത്തിന്റെ ഭാവനയിലൂടെ അവർക്കെന്തുണ്ടാകുന്നു വിശുദ്ധമായ ബാധരഹിതമായ ജ്ഞാനമുണ്ടാകുന്നു വിശുദ്ധ വിജ്ഞാൻ അതാണ് നിരുപദ്രവ പരമാർത്ഥസ്വഭാവം എന്ന് പറയുന്ന ആ വിശുദ്ധ വിജ്ഞാനത്തെയാണ് നിരന്തരമായ ഭാവന കൊണ്ട് അവർക്കുണ്ടാകുന്ന വിശുദ്ധ വിജ്ഞാൻ അത് അവർ പറയുന്നത് എന്താണ് അത് സർവഭ്രാന്തിരഹിതമാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സർവ്വോപ്ലവരഹിതം സർവഭ്രാന്തിരഹിതമാണ് അതിനുവേണ്ടി അവർ ശീലിക്കുന്ന എന്താണ് ഭാവനയാണ് വിശുദ്ധ വിജ്ഞാനത്തെ ഭാവനയാണ് ഇതാണ് പിന്നെ അദ്വൈതത്തിലേക്കൊക്കെ കടന്നു പോകുന്നത് അങ്ങനെ ഭാവന ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് അവർക്ക് ഉണ്ടാകുന്ന ജ്ഞാനം സമനന്തരപ്രത്യം എന്ന് പറയും ഇങ്ങനെയുള്ള ഭാവനയെ തുടർന്നുണ്ടാകുന്ന ഞാനം അതിനവര് പറയുന്നതാണ് വിശുദ്ധ വിജ്ഞാനം ആ ജ്ഞാനം അതിന നിരുപദ്രവ ഭൂതാർത്ഥ സ്വഭാവം അത് പരമാർത്ഥ ജ്ഞാനമാണ് പരമാർത്ഥം എന്ന് വെച്ചാൽ വിശുദ്ധ വിജ്ഞാനം അത് തന്നെ വിശുദ്ധ വിജ്ഞാനം വെച്ചാൽ ഭ്രാന്തിരഹിതമായ വിജ്ഞാനം അങ്ങനെയൊരു ഞാനുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ബാധ സംഭവിക്കില്ല ബാധ സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഭാവനയുക എന്നുവെച്ചാൽ ധ്യാനിക്കുകയാണ് ധ്യാനിച്ച് ഞാനുണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും ശരീരമുണ്ട് മനസ്സുണ്ട് പ്രപഞ്ചബോധമുണ്ട് ഇതെല്ലാം ഉണ്ടായാലും ഇതൊന്നും ആ അവരുടെ ഉള്ളിലുണ്ടായ വിശുദ്ധ വിജ്ഞാനത്തെ ബാധിക്കുന്നു എന്തുകൊണ്ടാണ് അത് ബാധിക്കാത്തത് അതാണ് പറഞ്ഞ നിരുപദ്രവ ഭൂതാർത്ഥ സ്വഭാവ വിപരീയ ബാധ അതിന് പിന്നെ ബാധ സംഭവിക്കുന്നു പരമാർത്ഥ സ്വഭാവമായതാണ് ബുദ്ധേഹേ തത്പക്ഷവാദം യത്നവത്വയും അതിനുവേണ്ടി എന്താണ് അയത്നവത്വയും അതിനുവേണ്ടി പ്രത്യേകിച്ച് പരിശ്രമത്തിന്റെ ആവശ്യം ഇത് ബാധിക്കാതെ നിലനിൽക്കണം ഈ ജ്ഞാനം അതിനുവേണ്ടി പരിശ്രമം ആവശ്യമില്ല അതാണ് ആയത്നമത്വി എന്തുകൊണ്ട് ബുദ്ധേ തത്പക്ഷപാധി ബുദ്ധി എപ്പോഴും എന്താണ് ബോധം എപ്പോഴും തത്വത്തിന്റെ ഭാഗത്താണ് തത്വജ്ഞാനമാണ് അതിന് ബാധ സംഭവിക്കില്ല രഞ്ജുവിന്റെ ജ്ഞാനത്തിനും ബാധ സംഭവിക്കാത്ത പിന്നീട് വിഷയഭാവനയിലൂടെ അതിനെ നിലനിർത്തേണ്ട ആവശ്യമില്ല അത് സ്വയം നിലനിന്നുള്ള പരമാർത്ഥത്തെക്കുറിച്ചുള്ള ആ വിഷയഭാവനയിലൂടെ പരമാർത്ഥ വിഷയത്തെ കുറിച്ചുള്ള ഭാവനയിലൂടെ അതിനെ നിലനിർത്തേണ്ട ആവശ്യമില്ല വിശുദ്ധ വിജ്ഞാനത്തെ സ്വയം നിലനിർത്ത പ്രയത്നം കൂടാതെ തന്നെ ആണ് ആയത്നഭക്തി രീതി കാരണം അത് തത്വപക്ഷപാതമാണ് തത്വത്തിനനുസരിക്കുന്നതാണ് ആത്മജ്ഞാനം അത് പറയുന്ന ഇവിടെ അത് അത്വീകളി യോജിപ്പിക്കും എന്തുകൊണ്ട് ബ്രഹ്മം ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം അതാണ് തത്വ അവധാരണം എന്ന് പറഞ്ഞ തത്വനിശ്ചയം നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ബാധിക്കാൻ വേണ്ടി വേറെ ജ്ഞാനമൊന്നുമില്ല ാന്തി ഒന്നുമില്ല അതുകൊണ്ടാ തത്വത്തെ കുറിച്ചുള്ള ബോധത്തിന് പരമാർത്ഥ ജ്ഞാനത്തിന് അഹംബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനത്തിന് ബാധ സംഭവിക്കുന്നുണ്ട് അഹംബ്രഹ്മാസ്മി അല്ല ന്യായം സർപ്പഹ ഇത് സർപ്പമല്ല എന്നൊരു ജ്ഞാനം ഉണ്ടാകുന്നതാണ് നാഹം ബ്രഹ്മാസ്മി എന്നൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല ബാധ സംഭവിക്കുന്നില്ല എന്ന് പറയും ഈ കാര്യം ബൌദ്ധന്മാരും പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇവിടത്തെ ചോദ്യം എന്തായിരുന്നു കാരണം വിദ്യ വിദ്യ കൊണ്ട് ബാധിച്ചു കഴിഞ്ഞാലും സ്വവാസന കൊണ്ട് വീണ്ടും ഉണ്ടായിക്കൂടെ അവിദ്യ അതാണ് നേരത്തെ ചോദിച്ചത് ഇവിടെ അത് നിരൂഢനിബുഡ വാസന അവിദ്യ വിദ്യയെ അപബാധിത വാസനയുള്ളത് കൊണ്ട് വിദ്യ അവിദ്യ ബാധിച്ചാലും വാസനയുള്ളത് കൊണ്ട് വീണ്ടും വന്നൂടെ എന്നുള്ളതാണ് അതേ ചോദ്യമാണ് ധർമ്മദീർത്ഥിയോടും ചോദിക്കുന്നത് അവിടെയും വാസനയെ തന്നെ പറയുന്നു വാസന കൊണ്ട് വീണ്ടും ധർമ്മം സംഭവിച്ചുകൂടെ വിശുദ്ധ വിജ്ഞാനം ഉണ്ടായാലും അവിടെയാണ് പറയുന്നത് വാസന കൊണ്ട് ഒന്നും സംഭവിക്കില്ല അതാണ് വിപരീഹീന അതിന്റെ വാസന ഇതൊന്നും കൊണ്ട് വിശുദ്ധ വിജ്ഞാനത്തിന് ബാധയൊന്നും സംഭവിക്കത്തില്ല അപ്പൊ വിജ്ഞാന സ്ഥിതിയാണ് അവര് മോക്ഷം എന്നുള്ളത് അദ്വൈതയെന്ന് പറയുന്നത് കേവല ബ്രഹ്മമായ സ്ഥിതി അവര് പറയുന്ന വിശുദ്ധ വിജ്ഞാനരൂപത്തി സ്ഥിതി ്രാന്തിജ്ഞാനത്തെ യഥാർത്ഥ ജ്ഞാനം ബാധിക്കാം പക്ഷേ യഥാർത്ഥ ജ്ഞാനം ഒരിക്കലും ഭ്രാന്തിജ്ഞാനത്തിനും ബാധിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അത് ബുദ്ധിയുടെ സ്വഭാവമാണ് അറിവിന്റെ സ്വഭാവമാണ് അത് തത്വപക്ഷപാതമായ തത്വത്തിനെ തത്വത്തിലേ അത് നിക്കത്തുള്ളൂ അസത്യത്തിൽ നിന്നാ അത് ബാധിച്ചു ഇത് രജ്ജുവാണെന്നുള്ള ജ്ഞാനമേ നിലനിൽക്കും സർക്കമെന്നുള്ള ജ്ഞാനം ബാധിച്ചു വിശേഷസ്തു ചിദാത്മസ്വഭാവ തത്ത്വ്ഞാന അത്യന്തരംഗതയാച്യത്തെന്താണ് ഇവിടെ അദ്വീയുടെ കാര്യം പറയുന്നു ചിതാത്മ സ്വഭാവ സ് തത്വജ്ഞാനസ് തത്വജ്ഞാനം എന്ന് പറയുന്നത് പരമാത്മ സ്വരൂപം തന്നെയാണ് പരമാത്മാവിൽ നിന്ന് വേറെയല്ല തത്വജ്ഞാനി അത്യന്തരംഗസ് അതാണെന്ത് തത്വജ്ഞാനത്തിന് അന്തരംഗമായി പരമാത്മാവിന് അന്തരംഗമായി എന്നുവെച്ചാ പരമാത്മാവിന്റെ സ്വഭാവത്തോടു കൂടിയതാണ് അതാണ് തത്വജ്ഞാന അത്യന്തരംഗസ് വിഷയജ്ഞാനവും മറ്റും ബഹിരംഗമാണ് ഭ്രാന്തിജ്ഞാനും ഒക്കെ ബഹിരംഗങ്ങളാണ് സംശയവും മറ്റും ബഹിരംഗമാണ് ഇത് തത്വപക്ഷവാണിത് തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്വജ്ഞാനസ്യ അത്യന്തരംഗസ് കുത്തുഅ അനിർവാചിയ വിദ്യയാ ബാധ അതങ്ങനെ അനിർവാച്യമായ വിദ്യ കൊണ്ട് അതിനങ്ങനെ ബാധ സംഭവിക്കു ബാധ സംഭവിക്കത്തില്ല പറഞ്ഞത് അധ്യാസ അണുമാത്രേണാഭിസന സംഭവം എവിടെയാണോ അധ്യാസ സംഭവിക്കുന്നത് ആത്മാവിൽ തത്കൃതേന അധ്യാസം കൊണ്ടുവരുന്ന ഗുണമോ ദോഷമോ ദേശം പോലും അതിനെ സ്പർശിക്കത്തില്ല അടുത്ത ഭാഗതി പറയുന്നു യഥിർത്ഥം സത്യാനുദയം വിധിനീകൃത്യ വിവേക അഗ്രഹാദ് അഹമിതം അമേതമിതി ലോക വിവഹാരീതി അത് നേരത്തെ പറഞ്ഞ അന്വയിച്ച് പറയാണ് സത്യാനുഹൃദയം വിധിനീകൃത്യ സത്യവും അത്ഭുതവും തമ്മിൽ സംഭവിക്കുന്നു വിധിനീകരണം സംഭവിക്കുന്നു അതൊക്കെ നേരത്തെ വിശദീകരിച്ച് വിവേക ആഗ്രഹ പിന്നെ രണ്ടെന്നുമുള്ള ഭേദം ഗ്രഹിക്കാൻ കഴിയാതെ വരുന്നു പിന്നെ സംഭവിക്കുന്നതാണ് അധ്യാസ് അധ്യാസം വന്നു കഴിഞ്ഞാൽ അഹമിതം ഞാൻ ഈ ശരീരമാണ് മമഇദം ഇതന്റെ ശരീരമാണ് ഇതി ലോകവ്യവഹാരം അങ്ങനെ ലോക അറിയുന്നു ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഒന്ന് സത്യവും അല്ല ഓടിച്ചേരുക ഒന്നാകും വിഥിനീകരണം അത് സംഭവിക്കുന്നു എന്നാണ് അപ്പോ ഇത് രണ്ടും തമ്മിലുള്ള വിവേകമില്ലാതെ വിവേകമില്ലാതെ വന്നുകഴിഞ്ഞാൽ പിന്നെ എന്തുവരുന്നു അധ്യാസ സംഭവം സം കൊണ്ടാണ് അല്ലെങ്കിൽ അധ്യാസത്തിന്റെ അനുഭവമാണ് അഹം എന്ന് പറയുന്ന അനുഭവം ശരീരത്തിൽ വരുന്ന അഹം ബുദ്ധി എന്ന് വെച്ചാൽ ഇതം ശരീരം അഹം എന്നാണ് മമ എന്ന് പറഞ്ഞാൽ ഇതം ശരീരം മമയെന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നു ഇവിടെ അധ്യാസത്തെ സ്വീകരിക്കുന്നത് ഇവിടെ പറയുന്ന ചൈതന്യം ആത്മാവ് ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് നിർഗുണനിരാകാര നിത്യശുദ്ധ ബുദ്ധമുക്തമാണ് അങ്ങനെയുള്ള ആ ഈ ശരീരമായിട്ടൊരു ബന്ധം അങ്ങനെ വരും കാരണം അതിന്റെ നേരെ വിപരീത സ്വഭാവത്തോടു കൂടിയാണ് ശരീരം അത് നിരാകാരമാണെങ്കിൽ ഈ ശരീരത്തിന് ആകാരമുണ്ട് രൂപമുണ്ട് അത് നിത്യമാണെങ്കിൽ ശരീരം അനിത്യമാണ് അത് ശുദ്ധമാണെങ്കിൽ ശരീരം അശുദ്ധമാണ് അത്യന്ത വിമുക്തയോ ഇത് രണ്ടും തമ്മിൽ അത്യന്ത ഭിന്നമാണ് നിർഗുണമാണെങ്കിൽ ഇത് ഗുണങ്ങളോട് കൂടിയതാണ് ഇത് രണ്ടും കൂടെ എങ്ങനെ ചേരും രണ്ട് വിരുദ്ധ സ്വഭാവമുള്ള വസ്തുക്കൾ എങ്ങനെ ചേരും എന്നുള്ളതാണ് അത്യന്ത വിരുദ്ധമായി അപ്പോ ഇത് രണ്ടും വിരുദ്ധമാണ് എന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചേരത്തി പിന്നെ ചേരുത് പക്ഷെ അങ്ങനെ ഒരു ബോധം ഇല്ലെങ്കിൽ രണ്ടു തമ്മില് അതാണ് ഇവിടെ പറയുന്നത് വിവേകാഗ്രഹാത് അധ്യസ്ഥ രണ്ടും വേറെയാണെന്നുള്ള വിവേകം ഗ്രഹമില്ല വിവേകജ്ഞാനമില്ല അപ്പൊ അത്യന്തവിരുദ്ധമായിരിക്കുന്നതാണെങ്കിലും രണ്ടു വസ്തുക്കൾ അവ അത്യന്തം വിരുദ്ധമാണെന്നുള്ള ബോധമില്ലെങ്കിൽ അവിടെ ചോദ്യങ്ങൾ വരും ഈ അധ്യാസം എന്ന് പറയുന്നു ആത്മാവും അനാത്മാവും തമ്മിലുള്ള ദേഹവുമായിട്ടുള്ള താതാമ്യമാണ് അങ്ങനെ ഒരു ആത്മാഔത്യമാണ് ുമായിട്ട് തതാർ വിവരണുക എന്ത് വേണം ദേഹം ഉണ്ടായിരിക്കണം അധ്യാസം എന്ന് പറയുന്നത് എന്താണ് സ്മൃതിരൂപ പരത്ര പൂർവദിഷ്ട വിഭാസം സ്മൃതി പോലെയാണത് ഒന്നിന് പരത്ര പൊറുതിഷ്ടാവ മുമ്പ് കണ്ടതിനെ ആരോപിക്കുകയാണ് ഇപ്പൊ ശരീരവും ആത്മാവ് തമ്മിൽ അധ്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ശരീരം മുമ്പ് കണ്ടിരിക്കണം കണ്ടിട്ടതിനെ ആത്മാവിന് ശരീരത്തെ അധ്യസിക്കണം ആദ്യം ആരോപിക്കണം ആരോപിച്ചതിന് ശേഷമാണ് പിന്നെ താതാത്മ്യം വരുന്നത് ഇപ്പൊ ശരീരത്തെ മുമ്പ് കാണണം കണ്ടിട്ട് എന്തു ചെയ്യണം ആത്മാവൻ ഇപ്പോൾ അതിനെ സ്മൃതിരൂപ പരത്ര പൂർവദിഷ്ട അവഭാസാന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ രീതിയിൽ ശരീരത്തിന് ആത്മാവൻ ആരോപിക്കണം ആരോപിച്ചതിന് ശേഷം എന്ത് ചെയ്യണം താതാമ്യപ്പെടണം ഇതം ശരീരം അങ്ങനെ അഹം ശരീരം മമ ശരീരം എന്നൊക്കെ താതാമ്യപ്പെടണം താതാത്മ്യപ്പെടണമെങ്കിൽ എന്ത് വേണം ആദ്യം അധ്യസിക്കണം ശരീരത്തിൽ അധ്യസിക്കണമെങ്കിൽ എന്തുവേണം മുമ്പ് കണ്ടിരിക്കണം കാരണം മുമ്പ് കണ്ട സർപ്പത്തെ കയറിൽ ആരോപിക്കാൻ പറ്റും മുമ്പ് സർപ്പത്തെ കാണാത്ത ഒരാണ് അത് അസത്യമാണെങ്കിലും അതിനാരോപിക്കാൻ പറ്റത്തില്ല അപ്പൊ അസത്യമായിട്ട് ആരോപിക്കണമെങ്കിലും എന്തുവേണം മുമ്പ് കണ്ടിരിക്കണം അപ്പ ശരീരത്തെ മുമ്പ് എപ്പോ കണ്ടു ആരോപിച്ചാല് പിന്നെ അങ്ങോട്ട് അധ്യസിക്കാൻ പറ്റൂ തതംഞ്ഞിപ്പടാൻ പറ്റൂ ശരീരം തുമ്പ് കണ്ടത് ശരീരത്തെ എപ്പോഴാ കണ്ടത് ഏ ശരീരത്തെ പൂർവ്വജന്മത്തിൽ കണ്ടെന്ന് പറയണ്ടോ പൂർവദിഷ്ട സ്മൃതിരൂപ പരത്ര പൂർവ്വദിഷ്ടാവകാശം സ്മൃതിയെപ്പോലെയാണത് പൂർവദൃഷ്ടം മുമ്പ് കണ്ടത് ഇവിടെ അനുഭവപ്പെടുകയാണ് അപ്പോൾ ശരീരത്തിൽ അധ്യസിക്കണമെന്ന് ശരീരത്തെ ആദ്യം ആത്മാവിൽ ആരോപിക്കുന്നു ശരീരത്തെ ആത്മാവിൽ ആരോപിച്ചിട്ട് അതിനോട് താതാത്മ്യപ്പെടുന്നു സംഭവിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു ഈ ശരീരബോധം എങ്ങനെ ഉണ്ടാവണം ഉണ്ടാവണമെങ്കിൽ ശരീരം വേണം ശരീരബോധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ശരീരം എവിടുന്നോ ശരീരം എവിടുന്നവരുന്നു ശരീരം ആത്മാവിൽ ആരോപിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് ബ്രഹ്മത്തിൽ ആരോപിച്ചിരിക്കുന്നാണ് എന്ത് പ്രപഞ്ചം ശരീരം മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മത്തെ ആരോപിച്ചിരിക്കുകയാണ് പ്രപഞ്ചമെല്ലാം ബ്രഹ്മത്തിൽ ആരോപിച്ചിരിക്കുകയാണെങ്കിൽ ഈ ശരീരവും ബ്രഹ്മത്തിൽ ആരോപിച്ചിരിക്കുകയാണ് സത്യമുണ്ട് കല്പിതമായി നിൽക്കുകയാണ് കല്പിതമായി ആരോപിച്ചിരിക്കുന്ന ഈ ശരീരത്തോട് ആത്മാവിന് താതാവിന് വരുമ്പോഴാണ് അഹമെന്നുള്ള അപ്പോ ആരോപിച്ചാല് പിന്നെന്തോരാത്മ്യം വരും അതാണ് മുമ്പേ ഭാവുന്നി പറഞ്ഞത് ആരോപേ സതി വിഷയത്വം വിഷയ ആരോപണംപ് പറഞ്ഞു അപ്പോ ബ്രഹ്മത്തിൽ ശരീരത്തെ ആരോപിച്ചു കഴിഞ്ഞാല് അത് വിഷയമാവും അത് വിഷയമാവുമ്പഴുമ്പോഴാണ് അധ്യാസം എന്ന് പറയുന്നത് ശരീരത്തെ വിഷയമാക്കുന്നു ആണ് ഇതേതരസം ശരീരത്തെ അറിയുന്നു ശരീരത്തെ വിഷയമാക്കുന്നു വെച്ചാൽ ശരീരത്തെ അറിയുന്നു അപ്പൊ അപ്പോ ആരോപണി സതി വിഷയത്വം ആദ്യം ശരീരത്തെ ആരോപിച്ചു കഴിഞ്ഞാലേ എന്തു വരത്തുള്ളൂ അത് വിഷയമാകത്തുള്ളൂ നല്ല താതങ് രണ്ട് വസ്തുക്കൾ വേണ്ടേ രണ്ട് ആത്മാവും അനാത്മാവും ഉണ്ടെങ്കിലേതു വരുത്തുള്ളൂ അധ്യാസം വരത്തുള്ളു അപ്പൊ അനാത്മാവെന്ന് പറയുന്നത് ശരീരം ഇവിടെ വേണം ശരീരം അങ്ങനെ ഉണ്ടാവും ശരീര സത്യത്തിൽ ഒരു ശരീരമുണ്ട് പിന്നെ എന്താണോ സിദ്ധാന്തം അനുസരിച്ച് അഭിവിതമനുസരിച്ച് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു ബ്രഹ്മത്തിൽ ആരോപിച്ചിരിക്കുകയാണ് അതാണ് ആരോപേ സതി അങ്ങനെ ആരോപണം ശരീരത്തെ ആരോപിച്ചു കഴിഞ്ഞാൽ വിഷയത്തുള്ളൂ റിയും അവിടെയാണ് അഹം മമ എന്നൊക്കെ അറിയുന്നത് ശരീരത്തെ അതാണ് അഭ്യാസം പറയും അപ്പൊ ഇങ്ങനെ ആരോപിച്ചിരിക്കുമ്പോ എപ്പോ ആരോപിച്ചു എന്ന് ചോദി താതാന്യം വരണമെങ്കിൽ ആദ്യം ആരോപിക്കണം ം ഈ പുസ്തകത്തിൽ എന്റെ എന്നുള്ള ബോധം വേണമെങ്കിൽ ഈ പുസ്തകം കൂടെ വേണം അല്ല എനിക്ക് എന്റെ ബോധം ഉണ്ടാകും ഇപ്പൊ ശരീരത്തിൽ എന്റെ എന്നുള്ള ബോധം വേണമെങ്കിൽ ശരീരം വേണം ശരീരം അവിടെ നിന്ന് ഒരു അത്വൈത സിദ്ധാന്തമനുസരിച്ച് ബ്രഹ്മത്തിൽ ആരോപിച്ചിരിക്കുകയാണ് അപ്പൊ ആരോഗ്യരൂപത്തിൽ ശരീരം വരാൻ പറ്റും സത്യവും അനൃതവും തമ്മിലാണ് അധ്യാസം സത്യമായിരിക്കുന്ന എന്താണ് ബ്രഹ്മം അനൃതമായിരിക്കുന്ന എന്ത് അതുകൊണ്ടത് ആരോപിതമാണ് പക്ഷെ ഈ ആരോപെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പൂർവദിഷ്ട എന്താണ് സ്മൃതിരൂപ പൂർവദിഷ്ട പരത്രവഭാസം ഇപ്പൊ സ്മൃതി പോലെയാണ് സ്മൃതി പോലെ മുമ്പ് ഉണ്ടായിരിക്കണം അപ്പൊ എപ്പോ ഉണ്ടായിരുന്നു കുറേ ജന്മത്തിലീ ശരീരം ഉണ്ടായിരുന്നു ആരോപിച്ചിരുന്നു കുറവ് ജന്മത്തിൽ ആരോപിച്ചിരുന്നെങ്കിൽ ആ ശരീരം നശിച്ചു പോയല്ലോ ഈ ജന്മത്തില് ഈ ശരീരം ആയിട്ട് എന്താ ജന്മത്തിൽ ഉണ്ടായിരുന്നിരിക്കും അതും നശിച്ചു ഈ ജന്മത്തിൽ ഇപ്പൊ വീണ്ടും ആരോപിച്ചിരിക്കുകയാണ് പീരുടെ തമ്മിലെന്താ ബന്ധം പറയുന്നു പൂർവ്വജന്മത്തില് അല്ലെങ്കിൽ പൂർവ്വകല്പത്തില് പൂർവ്വ ജാഗ്രത്തില് എന്നൊക്കെ പറയും എന്തായാലും അങ്ങനെ ആരോപിച്ച് ആ ശരീരം ആരോപിച്ചിട്ട് അതിന്റെ സംസ്കാരമുണ്ട് ഇപ്പോ ഈ ജന്മത്തിൽ ആരോപിച്ചതിന്റെ സംസ്കാരം ഈ ജന്മത്തിലുണ്ട് ഇപ്പൊ സംസ്കാരം ഉള്ളതുകൊണ്ട് പൂർവ്വജന്മത്തിലെല്ലാം തിരിച്ച് ഇങ്ങോട്ടും വരുന്നു പൂർവ്വജന്മത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം ജന്മത്തിലും വരുന്നത് ഏ ആ അതുപോലെ അതൊക്കെ യഥാർത്ഥമാണ് ഇവിടെ എല്ലാം കല്പിതമാണെന്നുള്ള അപ്പോ പൂർവ്വജന്മത്തിലെ സംസ്കാരം കൊണ്ട് ഈ ജന്മത്തിൽ എന്തു ചെയ്യുന്നു ശരീരത്തെ കല്പിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് സംസ്കാരം കാരണമായിട്ടാണ് കൽപ്പിക്കുന്നത് എന്നുവെച്ചാൽ പൂർവ്വജന്മത്തിൽ അഹമീതം മമ ഈതം എന്നുള്ള അനുഭവം ഉണ്ടായിരുന്നു ആ അനുഭവത്തിന്റെ സംസ്കാരം ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ടായിരുന്നു ഈ ജന്മത്തിൽ എന്തുവരുന്നു വീണ്ടും അത് ആരോപിക്കുന്നു ഇപ്പൊ ശരീരം ബ്രഹ്മത്തിൽ ആരോപിതമായി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ നിലനിൽക്കുന്ന ശരീരത്തിൽ താഥാമ്യം വരുന്നതാണ് അതാണ് പൂർവ്വജന്മത്തിൽ ആത്മാവുണ്ടായിരുന്നു കാരണശരീരം സൂക്ഷ്മശരീരം സ്ഥൂല ശരീരം ഇങ്ങനെ പറയുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് സൂക്ഷ്മശരീരമെന്ന് പറയുന്നത് എന്താണോ ആ സൂക്ഷ്മ ശരീരത്തിൽ അന്ധകരണങ്ങൾ ഉണ്ട് പ്രാണന്മാരുണ്ട് വൃത്തികളുണ്ട് ഇന്ദ്രിയങ്ങളുണ്ട് പിന്നെ സ്ഥൂല ശരീരമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ ജന്മത്തിൽ വരുമ്പോൾ കേവലം ഈ സ്ഥൂല ശരീരത്തെ അല്ല ആരോപിക്കുന്നു പിന്നെയോ ഇതിന്റെ എല്ലാത്തിന്റെയും സംസ്കാരം എന്തിൻ്റെ ജീവഭാവം ജീവത്വം അതിന്റെ സംസ്കാരമുണ്ട് സൂക്ഷ്മശരീര സംസ്കാരമുണ്ട് ഇന്ദ്രിയങ്ങളുടെ മനസ്സിന്റെ അന്ധക്കരണത്തിന്റെ പ്രാണന്മാരുടെ എല്ലാ സംസ്കാരവും അപ്പൊ ഈ സംസ്കാരത്തോടു കൂടിയ എല്ലാത്തിനെയും ഈ ജന്മത്തിൽ എന്ത് ചെയ്യുന്നു ആരോപിക്കുന്നു ബ്രഹ്മത്തിലാരോപിക്കുന്നു അതുകൊണ്ട് എല്ലാം വരും ജവന് ശരീരവും ആത്മാവും മാത്രമല്ല പൂർവ്വജന്മത്തിൽ എന്തൊക്കെയുണ്ടായിരുന്നു അതിന്റെ എല്ലാം സംസ്കാരം ഉള്ളത് കൊണ്ട് അതിനെയെല്ലാം വീണ്ടും ആരോപിക്കുകയാണ് സർവത്തിനെയും അപ്പൊ പൂർവ്വജന്മത്തിൽ ഞാനുണ്ടായിരുന്നു പൂർവ്വജന്മത്തിലെ അജ്ഞാനം ഉണ്ടായിരുന്നു അപ്പൊ പൂർവ്വജന്മത്തിലെ അജ്ഞാനം പൂർവ്വജന്മത്തിലെ ജ്ഞാനം എന്ന് പറയുന്ന ആ അനുഭവം ഇതിന്റെ എല്ലാ സംസ്കാരം ഈ ജന്മത്തിൽ വന്നതുകൊണ്ട് ഈ ജന്മത്തിൽ എന്ത് ചെയ്യുന്നു ആരോപിക്കുക എന്ന് പറഞ്ഞ് ഇതെല്ലാം ആരോപിക്കുകയാണ് അജ്ഞാനം അജ്ഞാനകാര്യങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇതെവിടെ ആരോപിക്കുന്നു കേവലമായ ആത്മാവിൽ ഇതൊക്കെ ആരോപിക്കുകയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ് ഇതിനെയെല്ലാം ആരോപിക്കുന്നത് ആത്മാവിൽ തന്നെ ആരാരോപിക്കുന്നു എന്ന് ചോദിക്കുന്നു ആരാണ് ആരോപിക്കുന്നത് അതെല്ലാം പൂർവ്വജന്മത്തിൽ എന്താണോ സംഭവിച്ചത് അതിനെ ഈ ജന്മത്തിൽ സംഭവിക്കുന്നത് ആത്മാവിൽ തന്നെ ഇതെല്ലാം ആരോപിക്കുന്നത് ഇപ്പൊ കേവലം ആത്മാവും ബാക്കി അനാത്മാക്കള എങ്ങനെ ആരോപണം നടക്കും അവിദ്യയുണ്ട് അത് പൂർവജന്മത്തിലുണ്ടായിരുന്നു അപ്പോൾ ആത്മാവ് അവിദ്യ ആരോപിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും എല്ലാം പൂർവ്വജന്മത്തിലുണ്ടായിരുന്നു അതെല്ലാം ഈ ജന്മത്തിലെല്ലാം വീണ്ടും അനുവർത്തിക്കുന്നു ഇതാണ് അദ്വിതയുടെ നിലപാട് അപ്പൊ പൂർവ്വജന്മത്തിന്റെ തുടർച്ചപ്പോ ഈ ജന്മത്തിൽ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരവാണെന്ത് പൂർവ്വജന്മത്തിൽ ഇതെല്ലാം സംഭവിച്ചത് കൊണ്ട് ഈ ജന്മത്തിൽ സംഭവിക്കുന്നു പൂർവ്വജന്മത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതിന്റെ ഒരു കോപ്പിയാണ് എന്ത് സംഭവിക്കുന്നത് ഈ ജന്മത്തിൽ ശരി അപ്പൊ പൂർവ്വജന്മത്തിൽ എങ്ങനെ സംഭവിച്ചു അതിന്റെ പൂർവ്വജന്മം അവിടെ എങ്ങനെ സംഭവിച്ചു എന്റെയും പൂർവ്വജന്മം അപ്പൊ ഈ ജന്മത്തിലെന്തുകൊണ്ട് ഇതെല്ലാം ഈ ആരോപവും അഭ്യാസവും സംഭവിക്കുന്നുള്ളതിന് എല്ലാ സമാധാനം പറയുന്ന എവിടം കൊണ്ട് പൂർവ്വജന്മം കൊണ്ട് ആ അപ്പൊ പൂർവ്വജന്മം പോലെയാണ് ഇപ്പോഴും സംഭവിച്ചത് അപ്പോൾ പൂർവ്വജന്മത്തിലെങ്ങനെ അതിന്റെ പൂർവജന്മം അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ജന്മം അവിടെ എങ്ങനെ സംഭവിച്ചു ആദ്യ ജന്മം ആദ്യ ജന്മം എന്ന് പറഞ്ഞാല് പൂർവ്വജന്മില്ല ആദ്യ ജന്മത്തിൽ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു ആദ്യ ജന്മം എന്ന് പറയുന്ന ഒന്നില്ല അതായത് ഈ ജന്മത്തിൽ എങ്ങനെയൊക്കെ സംഭവിച്ചതിന് സമാധാനം പൂർവ്വജന്മമാണ് പറയുന്നതെങ്കിൽ ആദ്യ ജന്മം എന്ന് പറയുന്ന ഒന്നല്ല എന്തുകൊണ്ട് ആദ്യ ജന്മം ഉണ്ടെങ്കിൽ ഈ ജന്മം എന്ന് പറഞ്ഞാൽ മതി ഇതാണ് ആദ്യ ജന്മം ഏജ ഇതാണ് ആദ്യ ജന്മം എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അധ്യാസേ ശരി വിഷയത്വം വിഷയത്വം ശരി അധ്യാസം ദോഷം പറ്റും ആദ്യ ഈ ജന്മത്തിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപിച്ചിട്ടല്ലേ വിഷയത്വം വരുന്നത് അപ്പൊ വിഷയത്വം ഉണ്ടെങ്കിലേ ആരോപിക്കാൻ പറ്റും വിഷയത്വം ഉണ്ടെങ്കിൽ ആരോപിക്കാൻ പറ്റും എന്റെ അർത്ഥം പൂർജന്മത്തിൽ ഇതൊക്കെ വിഷയമായിരുന്നാലേ എന്തുപറ്റൂ അതിന്റെ സംസ്കാരം കൊണ്ട് ഈ ജന്മത്തെ ആരോപിക്കാൻ പറ്റും പൂർജന്മത്തിൽ ഇതൊക്കെ വിഷയമായിരുന്ന അതിന്റെ സംസ്കാരം കൊണ്ട് എന്ത് ഈ ജന്മത്തിൽ ആരോപിക്കാം അതാണ് വിഷയത്വ സ്ഥിതി ആരോപണം ഇനി പൂർവ്വ ജന്മത്തിൽ വിഷയത്വം പറഞ്ഞെങ്കിൽ എന്ത് വേണം അവിടെ ആരോപും വേണം അവിടെ ആരോപം ഉണ്ടായാലേ വിഷയത്വം വരും അപ്പൊ അവിടെ ആരോപം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം അതിന്റെ പൂർവ്വജന്മത്തിൽ വിഷയത്വം വന്നു സംസ്കാരം വന്നു ആരോപ വിഷയത്വം എൻ്റെ സംസ്കാരം വന്നു അപ്പൊ ഈ ജന്മത്തിൽ എങ്ങനെ ഇത് ആരോപിക്കാതെ വിഷയത്തും വരത്തില്ല ഇതെങ്ങനെ ആരോപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർവ്വജന്മത്തിലെ സംസ്കാരങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷയത്തുണ്ട് അപ്പൊ ഈ ജന്മത്തിൽ തുടക്കമൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ഈ കൽപ്പം തുടക്കം ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല ഈ ജാഗ്രത തുടക്കം സ്വീകരിക്കാൻ പറ്റില്ല പിന്നെ എന്ത് സ്വീകരിക്കേണ്ടി വരും അനാദി എന്ന് പറയേണ്ടി അതിനൊരു തുടക്കമുണ്ട് അതാണ് അദ്വൈതരുടെ അനാദിയും തുടക്കം പറയാൻ പറ്റില്ല തുടക്കം പറഞ്ഞു കഴിഞ്ഞാലോ തുടക്കം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു ഈ പറയുന്നൊന്നും ഒരു സമാധാന ഈ ജന്മത്തിൽ ആരോപം കൂടാതെ ഇങ്ങനെ വിഷയത്വം വരും വിഷയത്വം കൂടാതെ എങ്ങനെ ആരോപം വരും ഇതിന് സമാധാനം പറ്റില്ല അപ്പൊ ഇതിന് സമാധാനം എന്താണ് അനാദിയാണ് അനാദി എന്ന് പറഞ്ഞ എന്താർത്ഥം അറിയില്ല എന്നർത്ഥം എന്ന് തുടങ്ങി എന്നുള്ളത് അറിയില്ല പറയാൻ പറ്റില്ല എന്ന് തുടങ്ങി എന്നുള്ളത് അറിയില്ല ഈ ജന്മത്തിലൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നത് പറയാൻ പറ്റുള്ളൂ ഈ ജന്മത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ പൂർവ്വ ജന്മം അതങ്ങനെ സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ അതിന്റെ പൂർവ്വജന്മം വേണം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അനവസ്ഥാ ദോഷം വരാതിരിക്കണം ഇതിന് അനാദിയെന്ന് സ്വീകരിക്കും അപ്പൊ അനാദി എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ തുടക്കം പറയാൻ പറ്റില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ ജന്മത്തിൽ ഒന്നാണ് അത് ആ വിഷയത്വവും ആരോപണം വരുന്നു എന്ന് പറയുന്ന എന്റെ തുടക്കം തുടക്കം പറയാൻ പറ്റില്ല എന്ന് അർത്ഥം ഈ ജന്മത്തിൽ എങ്ങനെ വിഷയത്വം വന്നു എങ്ങനെ ആരോപം വന്നു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് കാരണം ഈ ജന്മത്തിൽ പറയണമെങ്കിൽ പൂർവ്വജന്മം പറയുന്നു അങ്ങനെ പുറകിലോട്ട് പറയിലോട്ട് പോയാൽ അവർ പരുതി കഴിഞ്ഞാൽ പിന്നെ അറിയത്തില്ല പറയാൻ പറ്റില്ല അനാദി എന്ന് പറഞ്ഞാൽ ആദ്യയില്ല ആദ്യമില്ല പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഈ ജന്മത്തിൽ ആരോഗം വിഷയത്വം ഒന്നു പറയാൻ പറ്റൂ ഇതാണ് ഫസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ ഇത് ഫസ്റ്റ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ എന്ത് വേണം ആദ്യ ആരോപം വരണം പിന്നെ വിഷയത്വം വരണം പക്ഷെ ആരോപം വരണമെങ്കിൽ എന്ത് വേണം ഉണ്ടായിരിക്കും ഈ ജന്മത്തിന്റെ പ്രശ്നങ്ങൾക്ക് പൂർവ്വജന്മ സമാധാനം പറയണമെങ്കിൽ ആദ്യ ജന്മത്തിലെ പ്രശ്നങ്ങൾക്ക് പൂർവ്വജന്മില്ലാത്തോണ്ട് സമാനം പറയാൻ പറ്റിയില്ല പറ്റിയില്ലെങ്കിൽ ഈ ജന്മത്തിലെ പ്രശ്നങ്ങൾ സമാനം പറയാൻ കഴിയില്ലെന്ന് പറയും പിന്നെങ്ങനെ അദ്വൈതി പറയും ഈ ജന്മത്തിൽ ആരോപിച്ചു അങ്ങനെ വിഷയത്തു നിന്നും അദ്വൈതി എന്ത് ബലത്തിലാ അനാദി എന്ന് പറഞ്ഞാൽ അറിയില്ലെന്നാണോ അറിയില്ലെന്ന് പറഞ്ഞ ഒരു സമാധാനാണോ ഒത്തിരി വലിയ അപ്പോ അറിയില്ല അറിയില്ലെന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ ആരോപവും വിഷയത്വവും എന്ന് പറയുന്നത് അറിയില്ല എന്ന് എല്ലായിടത്തും വരും എങ്ങനെ സംഭവിച്ചത് അപ്പൊ ഈ പറയുന്നതിനോ അടിസ്ഥാനമില്ലാതല്ലോ നിങ്ങൾക്ക് തുടക്കം അറിയാൻ പറ്റിയില്ലെങ്കിൽ ഈ ജന്മം ഇതൊരു തുടക്കമല്ലേ ഇവിടെ ആരോപണത്വവും വിഷയത്വവും വന്നുവെന്നും എങ്ങനെയെന്നൊക്കെ പറയാൻ പറ്റാത്ത പിന്നെ അദ്വൈ എങ്ങനെ വരും എങ്ങനെ ഇത് സമർത്ഥിക്കും അത് തന്നെ സിദ്ധാന്തം എന്ന് പറഞ്ഞു അന്യ സമാനം പറയണ്ടേ ആണ് അദ്ദേഹം പറഞ്ഞു സ്മൃതി ഇതിഹാസ പുരാണി ഷുഗീയത ഈ പറയുന്ന കാര്യങ്ങൾ എന്നെ എവിടെ പറഞ്ഞിരിക്കുന്നു ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങളുടെ ഈ കാര്യം പറയുന്നു കൃത്യമായിട്ടെന്താണ് ആരോപണം സംഭവിക്കുന്നു ആരോപണം സംഭവിച്ചുകൊണ്ട് വിഷയത്വം വരുന്നു അതുകൊണ്ട് ഇവിടെ വ്യാഖ്യാനിക്കുന്ന പോലെ ഏത് ശ്രുതി സ്മൃതി ഇതിഹാസ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ചോദിച്ചാൽ എന്തു പറഞ്ഞോട് ശ്രുതി അങ്ങനെ മനസ്സിലാകും സ്മൃതിയിൽ പറയുന്നുണ്ട് അനാദിത്വ നിർഗുണത്വ പരമാത്മാവ്യോ എന്നൊക്കെ പ്രകൃതി പുരുഷൻ ജീവ വിദ്യനാദി ഭാവവി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കും അനാദി പലയിടത്തും വരുന്നുള്ളു ഇങ്ങനെ മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കിയാലേ അധ്യാസം മനസ്സിലാക്കാൻ പറ്റും ആത്യന്തി ഇതിനൊക്കെ പ്രമാണം എന്താണ് ശ്രുതി സ്മൃതി പുരാണങ്ങളാണ് പ്രമാണം നല്ല പേരും പറയാൻ പറ്റും ഏതെ അവസാനുണ്ട് അതാണ്ടോ മോക്ഷംന്ന് പറയുന്നു നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ കല്പിതമായിട്ടെല്ലാം ഉണ്ട് സത്യമായിട്ടുണ്ട് കല്പിതമായിട്ടുണ്ട് സ്വപ്നം പോലെ സ്വപ്നം പോലെ കല്പിതമായിട്ടുണ്ട് പരമാർത്ഥത്തില്ല ഇതെല്ലാം കല്പിതമാണ് പക്ഷെ കല്പിതമാണെങ്കിലും ഈ ജന്മത്തിൽ എന്തുകൊണ്ട് ശരീരാദികൾ ആരോപിച്ച് എന്തുകൊണ്ട് അതിനെ വിഷയമാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ യുക്തിയിൽ പറയുന്നതാണ് ഇതിന് യുക്തി ഉണ്ട് ആരോപിക്കാതെ വിഷയത്വം വരത്തില്ല വിഷയത്വം ഉണ്ടെടുത്ത് വിഷയത്വം ഉണ്ടായിരുന്നാലേ ആരോപം സംഭവിക്കും അപ്പം വിഷയത്വത്തിന് അവിടെ പോണ്ടി വരും കുറുജന്മത്തിൽ പോകേണ്ടി അപ്പോ വിഷയത്വം ആരോപും എന്റെ ഇടയ്ക്ക് എന്തിനു സ്വീകരിക്കേണ്ടി വരും സംസ്കാരത്തെ സ്വീകരിക്കേണ്ടി വരും പൂർവ്വജന്മത്തിൽ വിഷയത്വം ഉണ്ടായിരുന്നു സംസ്കാരം ഉണ്ടായി സംസ്കാരം ഉണ്ട് ഇപ്പോ ആരോപിച്ചു അപ്പൊ പൂർവ്വജന്മത്തിൽ വിഷയത്വം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം അവിടെ തന്നെ എന്തുവേണം ആരോപം വേണം പൂർവ്വജന്മത്തിൽ ആരോപം ഉണ്ടായി വിഷയത്വം ഉണ്ടായി ഇതൊക്കെ പൂർവ്വജന്മത്തെങ്ങനെയുണ്ടായി വാദ്യത്തെ വിഷയത്വവും ആരോപൊക്കെ എങ്ങനെയുണ്ടായി അതനാദ്യം എന്നൊരു തുടക്കമില്ല തുടക്കമില്ലാതെ സംസ്കാരം എങ്ങനെയുണ്ടാകും വിഷയത്വം കൊണ്ട് എങ്ങനെയുണ്ടാകും ആരോപം എങ്ങനെയുണ്ടാകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതി പ്രമാണമാണ് ശ്രുതി പറഞ്ഞാൽ പറഞ്ഞാണ് പിന്നെ അതിനാർക്കും ചോദിച്ചത് െന്ന് പറയുന്ന ഈ സിദ്ധാന്തത്തെ ഉറപ്പിച്ചിരിക്കുന്ന ശ്രുതി സ്മൃതി ഗുരുവും പറയുന്നത് എന്തോ ഉപനിഷതുപ്തിരഹസ്യം ഓർത്തര അതാണ് ഈ പറഞ്ഞു വരുന്നത് എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കും ഇനി ഒരാൾ ശ്രുതിയെ അംഗീകരിക്കുന്നില്ലെങ്കിലും ഇനി ശ്രുതി അംഗീകരിച്ചാൽ തന്നെ ഈ പറയുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിലോ എന്ത് സംഭവിക്കൂ ഇതെല്ലാം തളിക്കളയേണ്ടി വരും ശ്രുതി അംഗീകരിച്ചില്ലെങ്കിൽ പറഞ്ഞെന്താ സിദ്ധാന്തവും പോയി ശ്രുതിയെ ആശ്രയിച്ചാണ് ഇതൊന്നത് ശ്രുതിയെ ആശ്രയിച്ചുള്ള